ം മുപ്പത്തിമൂന്ന് മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രൈൻ ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത് മോശ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ ഒന്നാം മാസം പതിനഞ്ചാം തീയതി അവർ റെംസെസിൽ നിന്ന് പുറപ്പെട്ടുവിട്ടു പെസഹ കഴിഞ്ഞ പിറ്റേ നാൾ മക്കൾ എല്ലാ മിസ്രൈമരും കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടുവിട്ടു മിസ്രൈമരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു േൽ മക്കൾ റെമസേസിൽ നിന്ന് പുറപ്പെട്ട് സൂക്കോത്തിൽ പാളയമിറങ്ങി സൂക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുപ്പൂമിയുടെ അറ്റത്തുള്ളിൽ നിന്ന് പുറപ്പെട്ട് ബാൽസെഫോനെതിരെയുള്ള പിഹാ ഹീരോത്തിന് തിരിഞ്ഞുവന്നു അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി ബീഹാ ഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിന്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് യേഥാമരുഭൂമിയിൽ മൂന്ന് ദിവസത്തെ വഴി നടന്ന് മാറയിൽ പാളയമിറങ്ങി മാറയിൽ നിന്ന് പുറപ്പെട്ട് എലിമിൽ എത്തി എലിമിൽ പന്ത്രണ്ട് നീരൊഴവും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിന് അരികെ പാളയമിറങ്ങി ചെങ്കടലിന് അരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദോഫ്കയിൽ പാളയമിറങ്ങി ദോഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂഷിൽ പാളയമിറങ്ങി ആലൂഷിൽ നിന്ന് പുറപ്പെട്ട് ിൽ പാളയമിറങ്ങി അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസേരൂത്തിൽ പാളയമിറങ്ങി ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട്യിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പളയമിറങ്ങിയേക്കി ഷാഫയർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാതയിൽ പാളേമിറങ്ങി ഹരാതയിൽ നിന്ന് പുറപ്പെട്ട് മഖേലോത്തിൽ പാളയമിറങ്ങി മഖേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളേമിറങ്ങി തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളേമിറങ്ങി താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളേമിറങ്ങി മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹസ്മോനയിൽ പാളയമിറങ്ങി ഹസ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസേരോത്തിൽ പാളയമിറങ്ങിയേക്കി മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് പാളയമിറങ്ങിയാനിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹദ്ദിഗാദിൽ പാളയമിറങ്ങിയേക്കി ഹോർ ഹഗിദാദിൽ നിന്ന് പുറപ്പെട്ട് യോത് ബാധയിൽ പാളയമിറങ്ങിയേ യോത്ബാധയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങിയേക്കി അബ്രോനയിൽ നിന്ന് പുറപ്പെട്ട് ിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി അതാകുന്നു കാതേഷ് അവർ കാതേഷിൽ നിന്ന് പുറപ്പെട്ട് ഏതോ ദേശത്തിന്റെ അതിരിങ്കൽ ഹോർപർവ്വതത്തിങ്കൽ പാളയമിറങ്ങി പുരോഹിതനായ അഹരോൻ യഹോവിയുടെ കൽപ്പനപ്രകാരം ഹോർപർവ്വതത്തിൽ കയറിയു േൽ മക്കൾ മിസ്രൈൻ ദേശത്തുനിന്ന് പോന്നതിന്റെ നാൽപ്പതാം സംവത്സരം അഞ്ചാം മാസം ഒന്നാം തീയതി അവിടെ വച്ച് മരിച്ചു അഹരോൻ ഹോർപർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് നൂറ്റി വയസ്സായിരുന്നു എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ അരാത രാജാവ് ഇസ്രയേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ടു സൽമോനയിൽ പാളയേ സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങേ പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങേ ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിന്റെ അതിരിങ്കൽ ഇ എ അബാരിമിൽ പാളയമിറങ്ങേക്കി നിന്ന് പുറപ്പെട്ട് ദീപോൻഗാദിൽ പാളയമിറങ്ങേക്കി ിൽ നിന്ന് പുറപ്പെട്ട് അൽമോദിമിൽ നിന്ന് കിഴക്ക്മിറങ്ങിയെതിരെ സമഭൂമിയിൽ പാളയമിറങ്ങി യോർദാന് സമഭൂമിയിൽ ബേത്ത് യഷിമോത് മുതൽ ആബേൽ ഷിഫീം വരെ പളയമിറങ്ങി യരിഹോവിനെതിരെ യോർദാനികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശിയോട് അരുളി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടുന്നതെന്തെന്നാൽ നിങ്ങൾ യോർദാനക്കരെ കനാൻ ദേശത്തേക്ക് കടന്നശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ച് കളയണം നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടി പാർക്കണം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കേണം ആളേറെ ഉള്ളവർക്ക് ഏറെയും കുറയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവന്റെ അവകാശം ആയിരിക്കണം പിതൃഗോത്രം പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും അത്രയുമല്ല ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും